സ്വന്തം ശരീരത്തിന് അനീതി ചെയ്തവരായിരിക്കേ മലക്കുകൾ ആരുടെ ജീവനാണോ എടുക്കുന്നത് അവർ ചോദിക്കും നിങ്ങൾ എന്തിലായിരുന്നു അവർ പറയും ഭൂമിയിൽ ഞങ്ങൾ ദുർബലരായിരുന്നു മലക്കുകൾ ചോദിക്കും അള്ളാഹു സുബഹാനഹൂവ തയാലായുടെ ഭൂമി വിശാലമായിരുന്നില്ലേ അവിടെ നിങ്ങൾ ഹിജറ പോകാമായിരുന്നില്ലേ അങ്ങനെയുള്ളവരുടെ സങ്കേതം നരകമായിരിക്കും അതെത്ര മോശമായ മടക്കസ്ഥാനം